മനോനിവൃത്തിരമോപിതിരയാമി കർണി ചാനപ്രവാഹ വിമലാതിഗംഗാ സാശിധം കൽപ്പതം ഇന്ദ്രജം ചരാചരം ഭാതി മനോവിലാസം സച്ചിത്സുഖൈ പരമാത്മൂ സാ കശിഹം നിജബോധം കോശേഷു പഞ്ചസ്വധിമാന ബുദ്ധിർഭവാതിദേഹഗേഹം സാക്ഷീ ശിവഗതരാത്മാകാഹം നിജബോധൂപി കാശത്തെ കാശീ കാശീർവ്രകീ വിദി കാശി കാ കാശീക്ഷേത്രം ശരീരം ത്രിഭുവജനീ വ്യാപനഗാ ഭക്തിശ്രദ്ധാഗേം നിജഗുരുചരണ്യനയോ പ്രയാഗ വിശ്വസോയം തുരീയ സകലജനമനഃസാക്ഷിഭൂതരാത്മാേ മദീയേ യതി വസതി പുനഃ തീർത്ഥമത്കിമസ് പ്രകാശത്തിന്റെ നിറവാണ് ദീപാവളി ഗംഗാസ്നാനൊക്കെ കഴിച്ച് വിളക്കൊക്കെ കൊളുത്തി പടക്കൊക്കെ പൊട്ടിച്ചിട്ട് വന്നിരിക്കുകയാണ് സദാ ദീപാവളിക്ക് കാശിയിൽ പോയിട്ടും ഗംഗാസ്നാനം ചെയ്തിട്ട് വരണം എന്നാണ് നമ്മൾ വീട്ടിൽ കുളിച്ചാലും ഗംഗാസ്നാനം കഴിച്ചോന്ന് ചോദിക്കും നമ്മളാണിപ്പോ കാശിയിലേക്ക് പോണത് നാലഞ്ച് ദിവസമായിട്ട് കാശിയിലേക്ക് പോയിട്ടു തിരിച്ചു വരണ്ടോന്നറിയില്ല പോണേണ്ടശി യാത്ര ദർശനാഥ് അബ്രസദസ്സേയും ജനനാഥ് കമലാലയ്യയും കാശ്യാം മരണാത് മുക്തി ഹീസ്മരണാത് അരുണാചലം എന്ന് ആദ്യത്തെ ദിവസം പറഞ്ഞു ചിദംബരത്തിന് മറ്റൊരു പേരാണ് അബ്രസദസ് അബ്രസദസ് എന്ന് വെച്ചാൽ അബ്രം എന്ന് വെച്ചാൽ ആകാശം ചിദംബരം എന്നുവെച്ചാൽ ചിദാകാശം ചിദാകാശത്തിനെ ദർശിക്കണം നടരാജാവിനെ ദർശിക്കണം ചിദംബരത്തിലെ ദർശനമാണ് പ്രധാനം ദർശനാഥ് അബ്ബരസതസി ജനനാഥ് കമലാലയേ കമലാലയം തിരുവാരൂരാണ് ത്യാഗരാജസ്വാമികൾ മുത്തുസ്വാമി ദീക്ഷിതരൊക്കെ അവിടെയാണ് ജനിച്ചത് ശ്യാമാശാസ്ത്രി എങ്കാണോ മൂന്നു പേരും ജനിച്ച സ്ഥലം തിരുവാരൂരാണ് അപ്പോ അതിലെന്തോ ഉണ്ട് നടരാജാവിനെ ചിദംബര ദർശനം ആദ്യത്തെ ദിവസം പറഞ്ഞ പോലെ അത് ശരിയാണ് ആന്തരികമായും ശരിയാണ് പുറമേക്ക് നടരാജാവിനെ ദർശിക്കാനായിട്ടാണ് ഈ അറുപത്തി നായന്മാരിലെ എല്ലാവരും ഈ നടരാജനോട് ഉന്മാദം പിടിച്ചിരുന്നവരാണ് അപ്പോ ചിദംബരത്തിൽ പോയി നടരാജനെ ദർശിക്കൽ കമലാലയത്തില് ജനനം എന്നാണ് തിരുവാരൂർ എന്ന് പറയുന്ന സ്ഥലമാണ് കമലാലയം ജനനാത് കമലാലയെ കാശ്യാം മരണാത് മുക്തി അതെല്ലാവർക്കും അറിയാം കാശി കാശിയില് മരണം സ്മരണാത് അരുണാചലം അരുണാചലത്തിന് സ്മരണമാണെന്ന് ഇതിന് ആന്തരികമായ അർത്ഥം രമണ ഭഗവാൻ തന്നെ ഇതിന് പറഞ്ഞിട്ടുണ്ട് ചിദാകാശ ദർശനം ഉള്ളിലുള്ള ചിതാകാശത്തിനെ ദർശിക്കുന്നതാണ് ദർശനാത് അഭ്രസതസി ചിദംബര ദർശനം അതാണ് ചിദംബര രഹസ്യം എന്നും പറയൂ അവിടെ ബാഹ്യമായ നടരാജനെ കാണുമ്പോൾ ആ നടരാജൻ ആന്തരികമായ നടരാജനെ കാണിച്ചു ആ ചിതാകാശത്തിലുള്ള നടരാജ നർത്തനം കാണണം എന്നാണ് ദർശനാഥ്രസദസി രാമലിംഗ സ്വാമികൾ എന്ന് പറഞ്ഞു ഒരു വലിയ സിദ്ധ ഭക്തൻ തമിഴ്നാട്ടിലുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലോ ആണ് സ്വാമികളുടെ മഹാസമാധി അതായത് ഈ സിദ്ധന്മാരുടെ കഥകളൊക്കെ പോലെ തന്നെ മറഞ്ഞുപോയി എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറില് ആ സ്ഥലം ഇന്നും അവിടെ ഉണ്ട് എല്ലാരോടും മുറിയിൽ കയറി വാതിലടച്ച് കുറച്ചു ദിവസങ്ങളിലേക്ക് തുറക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവിടെ മറഞ്ഞുപോയി എന്നാണ് കഥ അതായത് ആ ഭക്തന്മാരുടെ ആ ലീനിയേച്ചില് നമ്മൾ ആ കഥ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഏറ്റവും അടുത്ത കാലത്ത് നടന്നതാണ് വള്ളലാർ എന്നാണ് അദ്ദേഹത്തിനെ വിളിക്കാം വള്ളൽ എന്ന തമിഴ് വാക്കിന് വാരിക്കോരി കൊടുക്കുക എന്നർത്ഥം അദ്ദേഹം എന്തു കൊടുത്തു കൃപയെ വാരിക്കോരി ചൊരിഞ്ഞതുകൊണ്ട് അരുൾ വള്ളലാർ എന്നാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരു വയസ്സുള്ളപ്പോ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും കുഞ്ഞിനെ കൊണ്ട് നടരാജാവിന്റെ മുമ്പിൽ കൊണ്ട് ഒരു വയസ്സേ ഉള്ള കുട്ടിക്കും അപ്പോ നടവിനെ ചിദംബരത്തിൽ ഇടതുവശത്ത് അവരൊരു സ്ഥാനം കൽപ്പിച്ച് ചിദംബര രഹസ്യം എന്ന് പറഞ്ഞ് തിരിശീലയൊക്കെ ഇട്ട് അത് ഒരു സിംബോളിക്ക് ആണ് നമ്മളുടെ ഉള്ളിലുള്ള ചിതാകാശമാണ് യഥാർത്ഥ ചിദംബരമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയും ബാഹ്യമായി നർത്തനം ചെയ്യുന്ന നടരാജൻ ഉള്ളില് ചിദംബര നടനം ചെയ്യുന്നവനാണെന്ന് നോക്കി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് അപ്പൊ ഈ ഒരു വയസ്സുള്ള കുട്ടിക്ക് അവിടെ നടരാജാവിനെ കണ്ടത് ആദ്യമായി ശക്തിബാധ ഉണ്ടായി എന്നുവെച്ചാൽ കുട്ടി കാരണമില്ലാതെ ഉറക്കെ ചിരിച്ചു ഭാരതീയ വിദ്യാഭവൻ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ജി വി പിള്ളയുടെ പുസ്തകം ഒരു റിസർച്ച് ബുക്കാണ് സെയിൻറ്റ് രാമലിംഗ എന്ന് പറഞ്ഞിട്ട് അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ദ ലാഫ്റ്റർ ഓഫ് എ ചൈൽഡ് എന്നാണ് ആദ്യത്തെ ചാപ്റ്റർ ഒരു കൊച്ചുകുട്ടിയുടെ ചിരി നടരാജാവിനെ കണ്ടിട്ട് ദർശനാഥഭ്ര സദസി ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് നടരാജാവിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയപ്പോ കുഞ്ഞ് അച്ഛന്റെ അമ്മയുടെ ഒക്കത്തിരുന്നു കൊണ്ട് അങ്ങനെ എന്താ കുട്ടികളെ ചിലപ്പോ വലതുമൊക്കെ കണ്ടാൽ അങ്ങ് തുള്ളിലേ ചാടി പിടിക്കാനായിട്ട് അതുപോലെ ഒക്കത്തിരുന്നു കൊണ്ട് ഒരു തുള്ളു തുള്ളി കൊണ്ട് ഉറക്ക ചിരിച്ചു അത്ര തിരുവിളങ്ക ശിവയോഗ സിദ്ധിയല്ലാം വിളങ്ക് ശിവജ്ഞാന നില വിളങ്ക ശിവാനുഭവം വിളങ്ക തെരുവിളു തൃത്തിൽ ചിത്രം ബലത്തെ തരുക്കൂത്ത് വിളങ്ക ഒളി സിന്തവിളക്കേ ഉരുവിളങ്ങ ഉയർവിളങ്ങ ഉണർച്ചിയത് വിളങ്ക മരുൾവിളങ്കു കുഴൽ വള്ളി വയങ്കുമണി പൊതുവിളങ്ങ വളർന്ന ശിവക്കൊന്തേ അൻപനും പിടിയുൾ അകപ്പെടും മലയേ അൻപെനും കടത്തുൾ അടങ്ങിടും കടലേ അൻപനും കരത്തമർ അമുദേ അൻപനും വലക്ക് പരമ്പൊരുളേ അൻപുരുവാം പരശിവമേ അമലിമുഖസ്വാമികൾ പിന്നാലെ പാടുന്നതാണ് താൻ കുട്ടിക്കാലത്ത് അവിടെ എന്ത് കണ്ടു എന്നൊക്കെ വളരെ കാവ്യാത്മകമായി ഒരു സഖി സഖിയോട് ഒരു സ്ത്രീ പറയുന്ന പോലെ തൻ്റെ വരനെ കണ്ടിട്ട് അഥവാ തനിക്ക് ഇഷ്ടപ്പെട്ട ആളെ കണ്ടിട്ട് അവനെ വരിക്കണമെന്ന് ആശ ഒരു സഖി തൻ്റെ തോഴിയോട് പറയുന്ന പോലെ അവൻ ആട്ടം കണ്ട് പങ്കിമാറി അമ്പലത്തിൽ ആടുന്നവനെ ഞാൻ കണ്ടു നടണം അമ്പലം എന്നുള്ള വാക്ക് മലയാളത്തിൽ വരാൻ അമ്പരം എന്നുള്ള വാക്കാണ് കാരണം അമ്പരം എന്ന് വെച്ചാൽ ആകാശം ചിതാകാശം ചിദംബരത്തിനാണ് ആദ്യമായി അമ്പലം എന്ന പേര് തമിഴില് അമ്പരം ചിത്രമ്പലം അതിന്നാണ് മലയാളത്തിൽ അമ്പലം എന്നുള്ള വാക്ക് വന്നത് അമ്പലത്തിൽ ആടുന്നവനെ ഞാൻ കണ്ടു അവനും എനിക്കും ജാതകം ചേരുവോ എന്ന് നോക്കിയോന്ന് പറഞ്ഞു തരുവോ എന്ന് ചോദിക്കുകയാണ് അവനും എനിക്കും ജ്യോതിഷം നോക്കി ജാതകം ചേരുവോ എന്ന് പറഞ്ഞു തരുമോന്നാണ് തിരുവിളങ്ക ശിവയൂഗ സിദ്ധിയെല്ലാം വിളങ്ക ആ ഒരേ ഒരു ദർശനത്തില് എനിക്ക് പരമാർത്ഥതം വിളങ്ങ പ്രകാശിച്ചു എന്നാണ് എന്ന് വെച്ചാൽ ഒരു വയസ്സിൽ ആ ജ്യോതി അപ്പൊ വീണു കഴിഞ്ഞു പിന്നെ അതൊക്കെ അനുഭവത്തിൽ വരുന്നത് പിന്നെ ആവട്ടെ തിരുവിളക് ശിവയോഗ സിദ്ധിയെല്ലാം വിളങ്ക ശിവജ്ഞാന ശിവാനുഭവം വിളങ്കം തിരുവിളങ് തിരുത്തില്ലൈ ചിത്രം ബലത്തെ തിരു കൂത്ത് വിളക് ഭഗവാന്റെ കൂത്ത് കൂത്ത് എന്നുവെച്ചാൽ ആടുക എന്നർത്ഥം നർത്തനം അപ്പോ തിരുച്ചിട്ടമ്പലത്തെ തിരുക്കൂത്തുവിളങ്ക് ആ നടരാജന്റെ തിരുക്കൂത്ത് അവിടെ പ്രകാശിച്ചു തിരുക്കൂത്തുവിളങ്ക് ഒളിശിറന്തതിരുവിളക്ക് പരമപ്രകാശമാനവായ നമ്മളിപ്പോ ദീപാവലിക്ക് വിളക്ക് കൊളുത്തുന്നുവല്ലോ ആ വിളക്കിന്റെയൊക്കെ മൂലമായ വിളക്ക് ജ്യോതികുൾ ജ്യോതി ഉൾ ഒളി ചിരന്ത തിരുവിളക്കെ ഉരുവിളങ്ക് ഉയിർവിളങ് ഉണർച്ചിയത് വിളക് കാണുന്നതൊക്കെ പ്രകാശിപ്പിക്കുന്ന വിളക്കാണത് ഉരുവിളങ്ക് രൂപങ്ങളൊക്കെ അതിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്നു ഉയിർവിളങ്ക് ഉണർച്ചിയത് വിളങ്ക് ഉലകമെല്ലാം വിളങ്ക് ലോകം മുഴുവൻ പ്രകാശപ്പെടുത്തുന്നു മരുൾവിളങ് കുഴൽവള്ളി വയങ്കുമണി പൊതുവിളങ്ക് വളർന്ന ശിവക്കൊഴുന്തേ ശിവഭക്തി ശിവാനുഭവം ശിവജ്ഞാനം ഇതൊക്കെ തന്നെ തഴച്ചു വളർന്നു ഹൃദയത്തിൽ അൻപനും പിടികുൾ അകപ്പെടും മലയേ എങ്ങനെയാ ഭഗവാനെ പിടിച്ചടക്കുന്നത് അൻപനും പിടികുൾ അകപ്പെടും മലയേ അൻപനും കടത്തുൾ അടങ്കിടും കടലേ ഭഗവാൻ ഒരു വിശപ്പുണ്ട് ഒരു ദാഹം ഈ ജീവന്റെ അൻപ് ഭക്തി പ്രിയം ആ ഈശ്വരൻ വശപ്പെടുന്നു എന്നാണ് അൻപനും കടത്തുൾ കടലേ അൻപ് ഉരുവാം പരശിവമേ അപ്പൊ അങ്ങനെ ദർശനാഥ് അബ്രസദസി അതിനാണത് ആദ്യം പറഞ്ഞത് ഒരു വയസ്സിൽ നടരാജാവിനെ ബാഹ്യമായും കണ്ടു ആ ബാഹ്യദർശനം ആന്തരികമായ ചിദംബരത്തിനെ പ്രകാശിപ്പിച്ചു എന്നാണ് ബാഹ്യമായി നടരാജന്റെ നർത്തനം കണ്ടു ഇടതുകാൽ തൂക്കി നിന്ന് നർത്തനം ചെയ്യുന്ന തിരുക്കൂത്ത് കണ്ടപ്പോ അകമേയുള്ള തിരുക്കൂത്ത് പ്രകാശിച്ചു അകമയ്ക്കുള്ള നടനം പ്രകാശിച്ചു അപ്പൊ ദർശനാഥ് അബ്രസദസി ജനനാഥ് കമലാലയെ കമലാലയം എന്ന് വെച്ചാൽ കമലം എന്ന് വെച്ചാൽ താമര താമര വിരിഞ്ഞിരിക്കുന്ന സ്ഥലമാണ് കമലാലയം അതെവിടെയാ ഹൃദയ താമര ഹൃദയമാകുന്ന കമലം ഹൃപുണ്ടരീക്കം പുരമധ്യസൃസ്ഥം ഈ ശരീരമാവുന്ന പുരത്തിന്റെ മധ്യത്തിൽ ഹൃത് പുണ്ടരീകം ഒരു താമരയുണ്ട് ആ താമരയിൽ ജനിച്ചാൽ പിന്നെ ജനനം പിന്നെ വീണ്ടും ജനിക്കേണ്ടി വരില്ല ഹൃദയമാകുന്ന കമലത്തിൽ തന്നെ അറിഞ്ഞ തന്റെ സ്വരൂപം എന്താണെന്ന് വിചാരം ചെയ്തോ ഭക്തി ചെയ്തോ ജനനവും മരണവും ഇല്ലാത്ത ആത്മവസ്തുവാണ് താൻ ആത്മാവാണ് താൻ ശിവമാണ് താൻ എന്ന് അകമേക്ക് കണ്ടുകഴിയുമ്പോ ജനനാത് കമലാലയെ കാശ്യാം മരണാത് മുക്തി കാശി എന്ന് വെച്ചാൽ എന്താ പരമപ്രകാശം മഹാശ്മശാനം അല്ലേ ആ മഹാശ്മശാനം എവിടെയാണ് ഹൃദയത്തിലാണ് ആ മഹാശ്മശാനത്തിൽ ശരീരം വെന്തെരിഞ്ഞു പോവുക അപ്പൊ പിന്നെ ജനനം വീണ്ടും ജനിക്കേണ്ടി വരില്ല അതായത് ജ്ഞാനമാവുന്ന അഗ്നിയില് ഈ ശരീരം എരിഞ്ഞു പോവുക എന്ന് വെച്ചാൽ ബാധിക്കപ്പെടുക ശരീരം ഇല്ലാതാവുക ഹൃദയത്തിലെ അഹങ്കാരത്തിന്റെ ക്ഷയം നാശം വ്യക്തിത്വമില്ലാതായി ശിവനടനം ഹൃദയത്തിൽ കാണലാണ് കാശിയില് മരണം അപ്പൊ കാശി ഉണ്ട് കാശിയാം തു മരണാത് അരുണാചലത്തിന് എന്ത് പേ എന്തു പറഞ്ഞു എന്ന് വെച്ചാൽ സ്മരണാത് അരുണാചലം പോയി കാണണം എന്നാണ് സ്മരണാതെ അരുണാചലം അരുണാചലത്തിനെ സ്മരിച്ചാൽ മതി നമ്മുടെ ഭഗവാനവിടെ പറഞ്ഞു സ്മരണാഥ അരുണാചലം എന്ന് വെച്ചാൽ എന്താ എന്ന് വെച്ചാൽ അരുണാചലത്തിനെ സ്മരിച്ചാൽ എന്താവും സകല സ്മരണങ്ങളും ഇല്ലാതായിട്ട് ചിത്തം നിശ്ചലമാവും നിനൈക്യമുക്തി നപ്പതിനാല മുതിരുണാചല സ്മരണം സ്മരണം പേ നനപ്പനി നനപ്പ വന്ന് നിശ്ചലം പണി വിടത് അരുണാചലം അഹമേ നന അഹത്തെ വേരറുപ്പായ അരുണാചലം അരുണാചലം അപകടത്തെയേ അവളോട് അഹം നാണ എണ്ണത്തെ വേറോടെ എടുത്തു അഹങ്കാരം അപ്പ തന്നെ വേരുപിഴുത്ത് എടുക്കപ്പെടുന്നു എന്നാണ് അവിടെ അരുണാചല സ്വരൂപം ഹൃദയത്തിൽ പ്രകാശിക്കുന്നു അരുണാചലം എന്താണ് അഹം അഹം എന്ന് ഹൃദയത്തിൽ നർത്തനം ചെയ്യുന്നത് അതിന്റെ ഉണ്മയായ സ്വരൂപമാണ് ഹെ അരുണാചല അവിടെ എന്ന് ഭഗവാൻ അരുണാചല പഞ്ചരത്നത്തിൽ പറഞ്ഞത് കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ് ത്വയ് അരുണാചല സർവം ഭൂത്വ സ്ഥിത്വാ പ്രലീനമേത ചിത്രം ഹൃദി അഹമിതി നൃത്യസിഭോഹോ േ വൃദയം നാമ ഹൃദയത്തിൽ അഹമഹമെന്ന് നർത്തനം ചെയ്യുന്നു അതാണ് യഥാർത്ഥത്തിൽ അരുണാചല സ്മരണം അപ്പോ സ്മരണാതരുണാചലം സ്മൃതിർലബ്ധ നഷ്ടോമോഹസ്മൃതിർലബ്ധ എന്നൊക്കെ അർജുനൻ പറയണം സ്മൃതി എപ്പോ കിട്ടും നമ്മളുടെ ശ്രദ്ധയെപ്പോ നമ്മളിൽ തന്നെ ലഗ്നമാവുന്നു നമ്മളുടെ ശ്രദ്ധയെപ്പോ ശരീരം മനസ്സ് ബുദ്ധി ഇതൊക്കെ വിട്ട് നമ്മളുടെ വാസ്തവമായ സ്വരൂപത്തിനെ സ്പർശിക്കുന്നുവോ അപ്പൊ സ്മരണ ഉണ്ടായി അപ്പൊ ഈ അഞ്ച് ക്ഷേത്രങ്ങളും അഞ്ചോ നാലോ അത്രയാ അബ്രസതസ് കമലാലയം കാശി അരുണാചം നാല് ക്ഷേത്രങ്ങൾ ഈ നാല് ക്ഷേത്രങ്ങളുടെയും മഹിമ ആന്തരികമാണ് ബാഹ്യവും ആണ് പട്ട് ബാഹ്യം എന്നുള്ളത് ആന്തരികത്തിലേക്ക് കൊണ്ടുപോവാനാണ് അതേപോലെ ഈ കാശി പഞ്ചകത്തിലും ആദ്യത്തെ ശ്ലോകം കൊണ്ട് തീർത്ഥസ്നാനം എന്താണ് എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞു മനോനിവൃത്തി പരമോപശാന്തി ഹി സാതീർത്ഥപര്യാ മണിക്കർണിക്കാച്ച് എവിടെയെങ്കിലുമൊക്കെ വീട്ടിലൊരു മുറിയിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ ഏകാന്തമായ ഒരു സ്ഥലത്തിരുന്നിട്ട് ബഹിർമുഖമായ മനസ്സിനെ അന്തർമുഖമാക്കി തന്നിൽ ശാന്തമായി പ്രശാന്തമായി തന്റെ സ്വരൂപത്തിൽ ഇരുത്താമെങ്കിൽ അത് തന്നെ അവൻ കുളിച്ചിട്ടില്ലെങ്കിൽ പോലും കുഴപ്പമില്ല ആവാ സ്നാനം മനോമലത്യാഗം ധർമ്മപുത്രരുടെ അടുത്ത് മഹാഭാരതത്തിലെ യക്ഷപ്രശ്നത്തിലെ യക്ഷം ചോദിച്ചു കിം സ്നാനം സ്നാനം എന്താണെന്ന് ചോദിച്ചു പല ചോദ്യങ്ങൾ ചോദിച്ചതിൽ കിം സ്നാനം അപ്പൊ ധർമ്മപുത്രർ പറഞ്ഞു സ്നാനം മനോമലത്യാഗം മനസ്സിൽ മലത്തിന് ത്യാഗം ചെയ്യുന്നതാണ് സ്നാനം അതിന് ബാഹ്യമായി കുളിക്കേണ്ട അർത്ഥമല്ല പക്ഷേ ബാഹ്യ സ്നാനത്തിന്റെ പോരാന്നാണ് യഥാർത്ഥ ഗംഗാസ്നാനം എന്താണ് മനോനിവൃത്തി പരമോപശാന്തി സാതീർത്ഥപര്യാ മണികർണികാച്ച് ഘട്ടത്തിലുള്ള സ്നാനം പുനർജന്മം ഇല്ലാതാവും കുളിച്ചാൽ എന്നൊക്കെ പറയുന്ന ആ ഗംഗാം ഗംഗാ യമുന ശതോദ്രി സരസ്വതി ഈ നദികളൊക്കെ തന്നെ വേദത്തിൽ പറയപ്പെടുന്ന നദികളാണ് ചില വേദഗവേഷണം ചെയ്ത ഋഷി തുല്യരായ ചില മഹാത്മാക്കളുടെ അഭിപ്രായം ഈ നദികളൊക്കെ ആന്തരികമായിട്ടുള്ള ചില അനുഭവങ്ങളെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് ആ അനുഭവത്തിന് ഋഷികൾ അവര് താമസിച്ച സ്ഥലത്തുള്ള നദികൾക്കൊക്കെ പേര് വെച്ചതാണെന്നൊക്കെ പറയുന്നു ഗായത്രി എന്നുള്ള മന്ത്രത്തിന്റെ പേര് വീട്ടിൽ പെൺകുട്ടികൾക്കൊക്കെ വെക്കണ പോലെ എന്തായാലും ബാഹ്യഗംഗയെ നമ്മള് അത്ര പവിത്രമായിട്ട് കരുതുന്നു ആ ബാഹ്യഗംഗ ആന്തരിക ഗംഗയോട് വളരെയധികം ബന്ധപ്പെട്ടും കിടക്കുന്നു ദേവി സുരേശ്വരി ഭഗവതി ഗംഗെ ത്രിഭുവനതാരിണി തരളതരംഗെ ശങ്കര മൗലി വിഹാരിണി വിമലെ മമതിരാസ്താം തവപദ കമലെ പുരഗിരി സംഭൂതയാണവൾ ത്രിപുരങ്ങളെ ദഹിപ്പിച്ചവന്റെ ശിരസിൽ നിന്നും ഒഴുകുന്നവളാണവൾ ആ ഗംഗയിലെ സ്നാനം ജ്ഞാനപ്രവാഹാവിമലാദി ഗംഗ ജ്ഞാനത്തിന്റെ ധാരയ്ക്കാണ് ഗംഗ എന്ന് പേര് ജ്ഞാനധാര ജ്ഞാനം എപ്പോ ഉണ്ടാവും എപ്പോ മനസ്സ് ശാന്തമാവുന്നുവോ നിശ്ചലമാവുന്നുവോ ഹൃദയത്തില് അടങ്ങുന്നുവോ ചിത്തവൃത്തി നിരോധം ഉണ്ടാവണമോ അപ്പോഴാണ് ജ്ഞാനം പ്രകാശിക്കുന്നതിനുള്ളില് ആ ജ്ഞാനം പ്രകാശിക്കാൻ ഉറവിടമായിട്ടിരിക്കുന്ന ബോധം ഉണർവ് ആ ഉണർവാണ് എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന പരമപ്രകാശം അതാണ് കാശി സാശി കാഹം നിജബോധരൂപ यस्यामिदं चराचरं യമ ഇതം കൽം ചരാചരം ഭാതി മനോവിലസം സച്ചിത്സുക്കരമാത്മരു സഹം നിജേഷു പഞ്ചസു അധിരാജമാന ബുദ്ധിർഭവാതിദേഹ ഗേഹം സാക്ഷീ ശിവഗതോത്തരാത്മാകോധ അന്നമയം ാണമയം മനോമയം വിജ്ഞാനമയം ആനന്ദമയം എന്ന് അഞ്ചു കോശങ്ങൾ നമ്മളുടെ സ്വരൂപത്തിനെ മറച്ചിരിക്കുന്ന അഞ്ചു കോശങ്ങൾ എന്നാണ് കോശങ്ങൾ എന്ന് വെച്ചാൽ ഷർട്ട് അതിൻ്റെ ഉള്ളിൽ ബനിയൻ അതുപോലെ ഇട്ടതാണെന്ന് വിചാരിക്കേണ്ട ഒന്നൊന്നിനോട് ഇണങ്ങിച്ചേർന്ന് പിണങ്ങിച്ചേർന്ന് അനുഭവമണ്ഡലത്തിൽ കിടക്കുന്നതാണ് മനോമയ പ്രാണശരീര പ്രതിഷ്ഠിതോ അന്നേ ഹൃദയം സന്നിധായ പരിപശ്യത്തി ധീരാ ആനന്ദരൂപം അമൃതം യുദ്ധാതി എന്നൊക്കെ ഉപനിഷത്ത് ഈ ആത്മാവിനെ മനോമയം പ്രാണമയം മുതലായ കോശങ്ങൾ കൊണ്ട് പൊതിഞ്ഞുവെച്ചിരിക്കുന്ന വസ്തുവായിട്ട് ചിത്രീകരിക്കും മനോമയ മനസ്സ് ശരീരം ശരീരമാണ് അന്നമയ കോശം ഭക്ഷണം കൊണ്ട് ഉണ്ടാവുന്നതാണല്ലോ അല്ലേ ഭക്ഷണം കൊണ്ട് ഉണ്ടാവണതാണോ ഭക്ഷണം കൊണ്ട് അഭിവൃദ്ധിപ്പെടുന്നു അവസാനം ഭക്ഷണമായിട്ട് പോവുകയും ചെയ്യും നമ്മൾ കത്തിച്ചൊന്നും കളഞ്ഞിട്ടില്ലെങ്കിൽ അവരുടെ അടുത്തിട്ടാൽ ഓരോ കോശങ്ങളിലും അണുക്കൾ വന്നിട്ട് തിന്നു തീർത്തു ശരീരത്തിനെ ആർക്കെങ്കിലും അന്നമായിട്ട് പോകും നമ്മളെ പലതിനെയും അന്നമായി ഭുജിക്കുന്നു നമ്മളെ ബാക്കിയുള്ള ജീവികളെ അന്നമാക്കി തീർക്കും ഈ ശരീരത്തിനെ ഇത് അന്നമയ കോശമാണ് പൃഥ്വി വിഹാരമാണോ അത് ഇതിനു പുറകിലാണ് പതുക്കെ ചെല്ലുമ്പോൾ നമുക്ക് കാണാം ഒരു പ്രാണമണ്ഡലം പ്രാണെന്നു വെച്ചാൽ വായു മാത്രമല്ല വൈറ്റൽ എനർജി അതുകൊണ്ടാണ് ആളുകൾക്ക് ഇത്തിരി പ്രാണായാമം ഒക്കെ ചെയ്യുമ്പോൾ ഒരു സുഖം തോന്നണത് കൂടുതൽ ആഴത്തിലൊന്നും പോണ്ട ഇത്തിരി ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ കോഴ്സിലൊക്കെ പോയിട്ട് ഇത്തിരി പ്രാണായാമം ചെയ്യുമ്പോഴേക്കും ഒരു സുഖം തോന്നാൻ കാരണം എന്താ കുറച്ച് ശരീരമണ്ഡലത്തിൽ നിന്ന് ഇത്തിരി ആ വൈറ്റൽ എനർജിയുടെ പ്ലെയിനാണത് അവിടെ ഒരു സുഖം തോന്നും നമുക്ക് വിശപ്പ് ദാഹം ഊർജ ഉണ്ടാവണത് ഒക്കെ ആ പ്രാണമണ്ഡലത്തിലാണ് അതുകൊണ്ട് ആ പ്രാണമയ കോശത്തിന് ഒരു താളത്തിലാക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവും പക്ഷെ അതും നിൽക്കില്ല അത് ഉണ്ടാവുമ്പോ ആളുകൾ പലരും വിചാരിക്കും ഇപ്പൊ എനിക്കൊക്കെ കിട്ടിയെന്ന് വിചാരിച്ചാണ് കപിചലാഹ് ആചാര്യസ്വാമികൾ പറഞ്ഞു കൊരങ്ങിനെ പോലെ ചലിക്കുന്നതാണ് ഈ പ്രാണൻ നിൽക്കുക അതുകൊണ്ട് പ്രാണമയ കോശം അതിന് പുറകിൽ ചെല്ലുമ്പോൾ നമ്മള് സൂക്ഷ്മമായ ചിത്തവൃത്തികളെയൊക്കെ കാണും ഈ ചിത്തവൃത്തികളാണ് പതുക്കെ പതുക്കെ സ്ഥൂലമായി പ്രാണനാവുകയും ശരീരമാവുകയും ചെയ്യുന്നത് ഒരു കോശമേ ഉള്ളൂ അത് ചിത്തവൃത്തികളുടെ മണ്ഡലത്തിനെ നമ്മൾ കാണും മനസ്സ് അനേക വിചാരങ്ങളും അനേക വികാരങ്ങളും സ്വപ്നമുണ്ടാക്കുകയും നമ്മൾ ഇപ്പൊ സത്സംഗത്തിലിരിക്കുമ്പോഴും സത്സംഗത്തിലൊന്നും ഇരിക്കില്ല പല ആളുകളും അങ്ങനെ ഒരു വിശ്വാസമൊന്നും എനിക്കില്ല ഇവിടെ ഇരിക്കുന്നുണ്ടാവും കണ്ണൊക്കെ തുറന്നിരിക്കുന്നുണ്ടാവും നമ്മളുടെ ലോകത്തിലായിരിക്കും അതാണ് മനോമയ കോശം നമ്മളുടെ ഭാവനാലോകത്തിലായിരിക്കും നമ്മൾ ഇമാജിനറി വേൾഡ് അതിലാണ് സിദ്ധമണ്ഡലവും ഗന്ധർവ മണ്ഡലവും എല്ലാ മണ്ഡലങ്ങളും ആ മനോമയത്തിൽ കിടക്കുന്നുണ്ട് ഫ്യൂച്ചർ ക്രിയേഷനുള്ള സീഡ്സൊക്കെ അവിടെ കിടപ്പുണ്ട് അല്ലേ മനോമയ കൊണ്ട് കോശത്തിലാണല്ലോ ഭാവനയൊക്കെ പണ്ട് പക്ഷികളെ കണ്ടപ്പോ ആളുകൾ ഇങ്ങനെ സ്വപ്നം കണ്ടതാണ് പറക്കേണ്ട കാര്യമൊക്കെ ഇപ്പൊ വന്നില്ലേ എല്ലാം പറക്കാൻ തുടങ്ങിയില്ലേ എല്ലാം ഭാവനയിൽ വന്നു കഴിഞ്ഞാൽ സ്ഥൂലത്തില് വരും ഭാവനയിൽ വന്നു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ മനോമയ കോശം അന്നമയ കോശമായിട്ട് മാറും മനോമയത്തിൽ ഒന്ന് സങ്കല്പിച്ചാൽ അന്നമയത്തിൽ നമ്മൾ ഉണ്ടാക്കും അതിന് രണ്ടിനും നടുവിലാണ് ഈ പ്രാണമയ കോശം മനോമയ കോശം ശാന്തമായാൽ ശാന്തി ഉണ്ടാവും മനോമയ കോശം നമ്മൾ മനസ്സ് മനോമയ കോശം എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതലൊന്നും പറയണ്ട മനസ്സ് വിചാരങ്ങള് രാത്രി കടന്നു കഴിഞ്ഞാൽ ഉറക്കം വരാതെ ഒരുപാട് സ്വപ്നം കാണുന്നില്ലേ അത് തന്നെ അനേക രൂപങ്ങൾ പൊന്തി വരണല്ലേ ഉണർന്നിരുന്നാലും ഏറ്റവും നമുക്ക് പേടിയുള്ളത് ഈ മനോമയ കോശത്തിനെയാണ് അതുകൊണ്ടാണ് തനിയിരിക്കാൻ ആളുകൾക്ക് ഇഷ്ടമല്ല ആരെങ്കിലും കൂട്ടു വേണം അല്ലെങ്കിൽ ടി കാണണം എന്താന്ന് വെച്ചാൽ എല്ലാം അണച്ചിട്ട് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ പേടി ആരെയാ പേടിക്കണത് എന്നെ തന്നെ എന്റെ മനസ്സ് അത് പല വിചാരങ്ങൾ കൊണ്ടുവരും മനോമയം അതിനും അപ്പുറം വിജ്ഞാനമയം എന്നാണ് അറിവിനെ ഉണ്ടാക്കുന്നതും അവിടെയാണ് നമുക്ക് ഈ വേദാന്ത ജ്ഞാനം ഉണ്ടാവുന്നതും ഒക്കെ അറിവൊക്കെ ഉണ്ടാവണത് അവിടെയാണ് അഹങ്കാരം ഒളിഞ്ഞുകിടക്കണതും ജ്ഞാനെന്ന് പറയുന്ന വ്യക്തിത്വം ഒളിഞ്ഞുകിടക്കണതും അവിടെയാണ് വിജ്ഞാനമയ കോശം അതിനും ആനന്ദത്തിന്റെ ഒരു ഉറവിടം നമ്മൾ സുഷുപ്തിയിൽ സുഖമായി ഉറങ്ങുന്നു അല്ലേ ഒന്നും അറിഞ്ഞില്ല സുഖമായിരുന്നു സുഖമഹമസ്വാപ്സം നഖിഞ്ചിതേദിഷം നീ രാത്രി കിടക്കാൻ പോകുമ്പോ രാത്രി ഒന്ന് തീരുമാനിക്കണം ഈ സുഷുപ്തി എന്താണ് എന്നൊന്ന് നോക്കണം നോക്കാൻ പറ്റില്ല എന്താന്ന് വെച്ചാൽ നോക്കുക ആളവിടെ ഇല്ല കിടക്കുന്നു കഴിയുമ്പോ ഉറങ്ങിപ്പോകും അങ്ങനെ ദിവസം തീരുമാനിക്കിടക്കണതിന് മുമ്പ് ആദ്യം ഒന്ന് പറയാ ഈ സുഷുപ്തി എന്താണെന്ന് അറിയണം എന്നിട്ട് ഉറങ്ങാം അങ്ങനെ ദിവസം ഉറങ്ങിക്കഴിഞ്ഞ് എല്ലാ ദിവസവും യു വിൽ നോട്ട് ടച്ച് ദൂർ ഓഫ് സ്ലീപ്പ് എന്നെങ്കിലും ഒരു ദിവസം വളരെ ആഴത്തിലുറങ്ങും വളരെ ആഴത്തിൽ ഉറങ്ങുന്ന ദിവസം ഒരു സ്വപ്നവും കാണാതെ തികച്ചും നിശ്ചലമായ ആ ഉറക്കത്തിന്റെ മണ്ഡലത്തിൽ പോയി ഉണർന്നു കഴിഞ്ഞിട്ട് എഴുന്നേറ്റ ഉടനെ കുറച്ചു നേരം മുമ്പ് ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ ഉറങ്ങി എന്ന് പുറകോട്ട് ബുദ്ധിയെ ഇട്ട് ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാം ശരീരമില്ല മനസ്സില്ല ഞാൻ എന്നുള്ള അഹങ്കാരമില്ല ഒരു തികഞ്ഞ ഒരു അസ്തിത്വ മാത്രമായ ഒരു സ്റ്റേറ്റ് ഒരു സ്ഥിതി അതാണ് നമ്മളുടെ ഒറിജിനലായിട്ടുള്ള നേച്ചർ സ്വരൂപം അവിടെ ശരീരമില്ല ശരീരമില്ലാതെ ഞാൻ ഉണ്ടായിരുന്നു മനസ്സില്ലാതെ ഞാൻ ഉണ്ടായിരുന്നു ഞാൻ പുരുഷനോ സ്ത്രീയോ അല്ല ഐ വാസ് നോട്ട് അൻ ഇൻഡിവിജ്വൽ ഒരു വ്യക്തിയുമല്ല കേവലമായ അസ്തിത്വം ഒരു സുഖം ഉണ്ടായിരുന്നു ആ സുഖം എല്ലാവർക്കും സുഷുപ്തിയിൽ ജാഗ്രതത്തിലൊക്കെ നമുക്ക് എന്തെങ്കിലും കണ്ടാൽ സുഖം വരും എന്തെങ്കിലും കേട്ടാൽ സുഖം വരും ആക്കോ ഇതുപോലെയൊക്കെ പടക്കം പൊട്ടിച്ചാൽ സുഖം വരും അല്ലേ എന്തിനാ ഈ ഉത്സവം ഒക്കെ എല്ലാ ഉത്സവങ്ങളും എന്തിനാ ആനന്ദത്തിനാണ് അത് ഉത്സവം എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം പൊങ്ങി വന്ന് ഒഴുകുക പുറത്തേക്ക് വഴിഞ്ഞൊഴുകുക എന്നാണ് അർത്ഥം ആനന്ദം ആ ആനന്ദം നമ്മൾക്ക് മുമ്പില്ലാത്തതുകൊണ്ടും ഈ ഉത്സവത്തിൽ ഇത്തിരി പടക്കമൊക്കെ പൊട്ടിച്ച് പുകയൊക്കെ കൊണ്ടുവന്നാൽ വരികയും ആ പടക്കം പൊട്ടി കഴിയുമ്പോൾ അതൊക്കെ പോവുകയും ചെയ്യുന്നതാണ് നമ്മളുടെ ഉത്സവം നിത്യോത്സവം ഭവത്തേഷാം നിത്യശ്രീഹി നിത്യമംഗളം ഏഷാം ഹൃദിസ്ഥോ ഭഗവാൻ മംഗളായതനോ ഹരിഹി സർവമംഗളങ്ങൾക്കും ആയതനവുമായ ഭഗവാൻ ആരുടെ ഹൃദയത്തിലുണ്ടോ അവർക്ക് നിത്യോത്സവം ഭവത്യേഷാം നിത്യശ്രീഹി നിത്യമംഗളം എന്തോ ഒരു അഭംഗം ഉണ്ടല്ലോ അങ്ങനെ എന്താണ് ദിവസം ദീപാവളിയാണ് ഞങ്ങൾക്ക് ദിവസം ഉത്സവമാണെന്നൊക്കെ പറഞ്ഞു അല്ലേ എല്ലാ ദിവസവും ദീപാവലിയാണെന്നാണ് എപ്പോഴും പ്രകാശമാണ് എപ്പോഴും ഉത്സവമാണ് എപ്പോ യേഷാം ഹൃദിസ്ഥോ ഭഗവാൻ ആർക്ക് ഹൃദയത്തിൽ ഭഗവാൻ പ്രകാശിക്കുന്നുവോ ആനന്ദം എപ്പോഴും ആർക്കുണ്ടോ അവർക്ക് പക്ഷെ നമ്മൾക്ക് ആനന്ദമയ കോശത്തുനിന്ന് അപ്പപ്പ തിരിത്തിരി ആനന്ദമയ കോശത്തുനിന്ന് അപ്പപ്പ കുറച്ചു കുറച്ച് ആനന്ദം കിട്ടുകയും പിന്നെ ആനന്ദം നഷ്ടപ്പെടുകയും ചെയ്യുന്നത് കൊണ്ട് ഭിക്ഷയാണ് നമ്മളുടെയൊക്കെ ആനന്ദം അതുകൊണ്ട് ഉത്സവം വേണം വിശേഷങ്ങൾ വേണം എല്ലാം വേണം അതാണ് പൂന്താനും പറഞ്ഞത് ഇന്ന് വിഷുവാണ് നാളെ ഓണമാണ് നമ്മളുടെ ഉണ്ണിക്ക് ചോറൂടാണ് പിറന്നാളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോ ചത്തുപോകുന്നു പാവം ശിവശിവ ഹൃദയത്തില് ഭഗവാൻ നിരന്തരമുണ്ടെങ്കിലോ ദിവസ ഉത്സവമാണ് എപ്പോഴും ആനന്ദമാണ് ആനന്ദമയ കോശം എന്നതിന് പറയാൻ കാരണം സുഷുപ്തിയിൽ ആനന്ദമയ കോശം എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ആ ആനന്ദം ആ സമയത്തല്ലേ ഉള്ളൂ അതും ദിവസമില്ല ഇറ്റ് ഈസ് ഡിസ്റ്റർബ്ഡ് വിത്ത് ഡ്രീംസ് അല്ലേ പല ആളുകൾക്കും ഡീപ്പ് സ്ലീപ്പ് എന്താന്നേ അവർക്ക് കോൺസ്റ്റന്റ് ഡ്രീമിങ് ആണ് അങ്ങനെ ഡീപ്പ് സ്ലീപ്പ് ഉണ്ടായാൽ പോലും ആ ആനന്ദമയ കോശമാണത് കാരണം ഉറങ്ങുന്നതിന് മുമ്പില്ല ഉറങ്ങി എഴുന്നേറ്റത് കഴിഞ്ഞ ശേഷം അതുകൊണ്ട് ഉറങ്ങിയിട്ട് വേണം സുഖം കാണാൻ അതുകൊണ്ട് കിട്ടുന്ന സമയമൊക്കെ ഉറങ്ങും ഉണരാൻ വയ്യ എന്നാണ് കഴിഞ്ഞാൽ അയ്യോ എന്തിനാ എഴുന്നേപ്പിച്ചെന്നാണ് സ്കൂളിലേക്ക് പോവാം കുട്ടികളൊക്കെ എഴുന്നേൽപ്പിച്ചാൽ അവർക്ക് പോവാൻ എത്ര ദേഷ്യം വരുന്നു ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴേ അവരുടെ ഉറക്കം വളരെ ഡീപ്പായതുകൊണ്ടാണ് അവർക്ക് ആ ഉറക്കം വിടാൻ വയ്യ വയസ്സായ ആളുകൾക്ക് പിന്നെ ദേഷ്യമൊന്നുമല്ല കാരണം അവർക്ക് ഉറക്കമില്ല സ്വപ്നം കലർന്നിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് അതിലൊരു സുഖല്ല അപ്പൊ ഉറക്കത്തിലാണ് ആനന്ദമയ കോശത്തിന്റെ ആവിർഭാവം പിന്നെ ചിലപ്പോഴൊക്കെ പുണ്യത്തിന്റെ പരിഭാഗം കൊണ്ട് ജാഗ്രത അവസ്ഥയിൽ ചില സമയത്തിൽ ഈ ആനന്ദമയ കോശം ആവിർഭവിക്കും കാരണമില്ലാത്തൊരു സന്തോഷം രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് ആ സൂര്യൻ ഉദിക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരു ആനന്ദം ഒരു സന്തോഷം ചെറിയ കുട്ടികളെ നമുക്ക് കാണാം കുട്ടികളിൽ ആനന്ദമയ കോശത്തിന്റെ ആവിർഭാവം നല്ലവണ്ണം കാണാം ചിലപ്പോൾ കാരണമില്ലാതെ തുള്ളും ഒരു ത്രില് ഇത് ആനന്ദമയ കോശമാണ് പക്ഷെ എന്താ അതിലൊക്കെ ഈ വികാരമൊക്കെ വരാൻ കാരണം എന്താ അതിന് വരവും പോക്കും അതിനെ അനുഭവിക്കുന്ന ഒരാളുണ്ട് അതുകൊണ്ട് ആ ആനന്ദമയ കോശം വരികയും പോകുന്നു ഭക്തന്മാർക്കൊക്കെ ഭക്തി ഉണ്ടായിട്ട് ആനന്ദത്തിൽ തുള്ളുന്നതും ആനന്ദമയ കോശമാണ് പക്ഷേ അത് കഴിഞ്ഞ് അത് പോകുമ്പോൾ വിരഹം കൊണ്ട് കരയാനും കാരണം എന്താ അത് കോശമായിട്ടിരിക്കുന്നത് കൊണ്ടാണ് അത് വരികയും പോവുകയും ചെയ്യുന്നു നമുക്ക് ആ സുഷുപ്തിയിൽ ഒരു സുഖം അനുഭവിക്കുന്നുണ്ടല്ലോ അത് മനസ്സുകൊണ്ട് അനുഭവിച്ചതല്ല ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിച്ച അവിടെ മനസ്സേ ഇല്ലല്ലോ എന്നിട്ട് നമ്മൾ എഴുന്നേറ്റിട്ടാണ് പറയുന്നത് വളരെ സുഖമായിരുന്നു എഴുന്നേറ്റ് കഴിയുമ്പോഴാണ് നമ്മുടെ പേഴ്സണാലിറ്റിയൊക്കെ പൊന്തി വരുന്നത് ആ സുഷുപ്തി അപ്പോ നമ്മളുടെ സ്വരൂപമാണ് സുഖം നമ്മളുടെ സ്വരൂപമാണ് മനസ്സ് പൊന്തി വരുമ്പോ ആ സുഖത്തിനെ മറച്ചു കളയുന്നു അപ്പൊ പിന്നെ നമുക്ക് അതിന്റെ ഒരു വേഗം റിമംബറൻസ് റിക്കളക്ഷൻ എവിടെയോ കിടക്കണുണ്ട് അതിനെയാണ് നമ്മൾ വിഷയങ്ങളിലൊക്കെ തെരയണത് പടക്കം പൊട്ടിച്ചാ വരുവോ നോക്കണു മധുരപലഹാരങ്ങൾ തിന്നാ വരുവോ നോക്കണു എല്ലാത്തിലും നമ്മൾ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു എക്സൈറ്റ്മെന്റ് എന്തോ ഉണ്ടാവുമ്പോ തൽക്കാലത്തേക്ക് മനസ്സ് നിശ്ചലമായിട്ട് നിൽക്കും അപ്പൊ എന്താവുന്നു ഈ സുഷുപ്തിയിലുള്ള സുഖം വരുന്നു അതാണ് എല്ലാം നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് നമ്മൾ അറിയുന്നുണ്ട് നമ്മളുടെ ഉള്ളുത്തിന് നിശ്ചലമായി നിന്നാൽ സുഖം വരും ആളുകൾ മല കയറാൻ പോകണതൊക്കെ അതിനു വേണ്ടിയിട്ടാണ് വലിയ മൗണ്ടനിയറിങ് പോകുന്നു സമുദ്രത്തിന്റെ മേലെ കൂടെ പോകുന്നു എന്തൊക്കെയോ ചെയ്യുന്നത് വെച്ചാൽ ടോട്ടൽ അറ്റൻഷൻ വരും അപ്പോഴേ ഈ ഭയങ്കര ആ സമയത്ത് ചിത്രം നിശ്ചലമായി നിൽക്കും നിശ്ചലമായി നിൽക്കുമ്പോൾ ഇവർക്ക് എന്തോ ഉണ്ടാവണുണ്ട് രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവുക ആളുകളൊക്കെ ചെയ്യണില്ലേ ഇതൊക്കെ എന്തിനാ ചെയ്യാൻ പോകണത് അവർക്ക് ആ യുദ്ധത്തിനൊക്കെ പോകുമ്പോ മരണത്തിന് മുമ്പിൽ കാണുന്ന സമയത്ത് ഒരു നിശ്ചലത ഉണ്ടാവുകയുള്ളു അവരെ അറിയാതെ ആനന്ദമയ കോശത്തിന്റെ ആവിർഭാവം ഉണ്ടാവണ്ട് അതുകൊണ്ടാണ് ആളുകൾ വെറുതെ ഈ രാഷ്ട്രീയത്തില് ഉറക്കം വിളിച്ചു നടക്കുന്നതും ഒക്കെ അവർക്കൊക്കെ എന്തോ അൺകോൺഷ്യസായിട്ട് ഈ ആനന്ദമയ കോശത്തിലെ സുഖം കൊണ്ടുവരാൻ നോക്കാണ് പക്ഷെ ആ സുഖം വരുകയും പോവുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമല്ല അവ അന്നമയം പ്രാണമയം മനോമയം വിജ്ഞാനമയം എന്നുള്ള നാലും ഈ ആനന്ദമയത്തിലാണ് പ്രതിഷ്ഠിതമായിട്ടിരിക്കുന്നത് ഈ ആനന്ദമയ കോശത്തിന്റെയും ഉറവിടം എന്താണെന്ന് കണ്ട് അത് നമ്മളുടെ സ്വരൂപമാണെന്ന് അറിയുമ്പോൾ ആനന്ദം നമുക്ക് സ്വരൂപമാവും അത് കോശമായിട്ടിരിക്കില്ല അപ്പൊ ശാന്തി ജാഗ്രത അവസ്ഥയിൽ ബോധപൂർവം ചിത്തവൃത്തികൾ ഒടുങ്ങുകയും വാസനാക്ഷയം ഉണ്ടാവുകയും ചെയ്തു കഴിയുമ്പോൾ സുഷുപ്തിയിൽ ഏതൊരു സത്ത് ഉണ്ടായിരുന്നുവോ ആ സത്ത് ജാഗ്രതത്തിൽ പ്രകാശിക്കുമ്പോ നമുക്ക് തെളിഞ്ഞ അനുഭവപ്പെടുമ്പോ ആനന്ദം സ്വരൂപമാവും അതാണ് കോശേഷു പഞ്ചസു അധിരാജമാന ബുദ്ധിർഭവാനി ആ ബുദ്ധി ആകുന്ന ഭവാനി ശിവനെ പാണിഗ്രഹണം ചെയ്യണം ബുദ്ധി കന്യാം പ്രദാസ്യേ ശിവാനന്ദ ലഹരിയിൽ അവസാനം ശ്രീ ശങ്കരൻ പറയണത് എന്റെ ബുദ്ധിയാവുന്ന കന്യകയെ പരമേശ്വരന് ഞാനിതാ പാണിഗ്രഹണമായിട്ട് കൊടുക്കണമെന്ന് ബുദ്ധി കന്യാം പ്രദാസ്യേ അതായത് ബുദ്ധി വെച്ചാൽ വിചാരശക്തി ജ്ഞാനം ആ വിചാരശക്തി ആത്മാവിനോട് സമ്പർക്കം പുലർത്തുന്നതാണ് ധ്യാനം എന്ന് പറയണത് യോഗം എന്ന് പറയണത് ബുദ്ധി കൊണ്ട് പതുക്കെ വിചാരം ശരീരം മനസ്സ് ബുദ്ധി അഹങ്കാര എല്ലാത്തിനെയും താണ്ടി ഈ സുഷുപ്തി അവസ്ഥയും കടന്ന് നിശ്ചലമായ നമ്മളുടെ സ്വരൂപത്തിനെ കാണുകയാണ് ബുദ്ധിർഭവാനി പ്രതിദേഹ ഗേഹം സാക്ഷി ശിവ ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന മൂന്ന് അവസ്ഥകൾക്കും ആരാണോ സാക്ഷി അവൻ ശിവനാണ് ജാഗ്രതത്തിൽ ഇപ്പൊ ഉണർന്നിരിക്കുന്നത് നമ്മൾ തന്നെയാണല്ലോ സ്വപ്നം കാണുമ്പോ സ്വപ്നത്തിനെ കാണുന്നത് അല്ലേ സംശയമുണ്ടോ വേറെ ആളാണോ സ്വപ്നം കാണുന്ന ഞാൻ തന്നെയാണല്ലോ സുഖമായി ഉറങ്ങിയെന്നും പറയണത് മൂന്നിലും ഒരേ ആളാണോ ഉള്ളത് ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുപ്തിക്കും മൂന്നവസ്ഥകൾക്കും സാക്ഷിയായിട്ടുള്ളവൻ സാക്ഷി ശിവ സർവഗതോന്തരാത്മാ എല്ലാവരുടെയും അന്തരാത്മാവായ ശിവനാണ് സാക്ഷിയായിട്ടുള്ള അന്തര്യാമയാണ് ശിവൻ ഇതൊക്കെ ചേർന്നതാണ് കാശി ഈ ഭവാനിയും ശിവനും എവിടെ ഉണ്ടോ അത് കാശിയല്ലാതെ പിന്നെ എന്താ സാ കാശികാഹം നിജബോധരൂപം ഈ സാക്ഷിയും ആ ഈ ശിവനും പ്രകൃതിയും ചേർന്നതാണല്ലോ നമ്മള് അല്ലേ സാക്ഷിയ സാക്ഷിയായിട്ടുള്ള ശിവനും ആ സാക്ഷിക്ക് ദൃശ്യമായിട്ടുള്ള പ്രകൃതിയും കൂടിയതാണ് നമ്മളുടെ സ്വരൂപം സാ കാശികാഹം അതാണ് കാശി നമു ചുരുക്കത്തിൽ ഹൃദയത്തിൽ ആനന്ദം വന്നാൽ ഭഗവത്ഭക്തി വന്നാൽ നമുക്ക് നിത്യവും ഉത്സവമാണ് നിത്യവും ആനന്ദമാണ് പ്രത്യേകിച്ചൊരു ഉത്സവമൊന്നും വേണ്ട വലിയ ശിവക്ഷേത്രമായ തിരുവണ്ണാമലെ മുരുകനാർ സ്വാമികൾ രമണഭഗവാന്റെ പാർശ്വന്മാരില് ഏറ്റവും പ്രമുഖനായ മുരുനാർ സ്വാമികൾ ആശ്രമത്തിന് മുമ്പിൽ ഒരു കൊച്ചുമുറിയില് അദ്ദേഹം താമസിച്ചിരുന്നു എഴുപത്തി രണ്ടോ എഴുപത്തി മൂന്നിലോ ആണ് സ്വാമികളുടെ സമാധി എന്ന് തോന്നുന്നു അപ്പോ സ്വാമി ഒരു രാഷ്ട്രീയം പ്രദക്ഷണത്തിന് പോയിട്ട് വരും അത് കഴിഞ്ഞാൽ മുറിയിലിരിക്കും എന്തെങ്കിലുമൊക്കെ പാടിക്കൊണ്ടിരിക്കും ഏകദേശം നാപ്പതിനായിരത്തോളം പാട്ടുകൾ എഴുതി പാട്ടുകൾ വെച്ചാൽ ശ്ലോകങ്ങളായിട്ടൊക്കെ രമണ ജ്ഞാന ബോധം എന്ന പേരില് ഒമ്പതിനായിരത്തോളം ശ്ലോകങ്ങളില് ടീച്ചിങ് മുഴുവൻ എഴുതപ്പെട്ടു രമണ സന്നിധി മുറി ഗുരുവാ ചക്കക്കോവ ഇങ്ങനെ അനേക അനേക ഗ്രന്ഥങ്ങൾ തന്റെ അനുഭവം ഇങ്ങനെ ഊറ്റ് ആ ഊറ്റെടുത്ത് ഇങ്ങനെ ഒഴുക എന്ന് പറയില്ലേ അതുപോലെ ഗംഗാപ്രവാഹം പോലെ ഒഴിക്കൊണ്ടിരുന്നു അപ്പോ ശിവരാത്രി ദിവസം ശിവക്ഷേത്രം അരുണാചലത്തില് സ്വാമികളെ കാണാൻ പോയി ചില ഭക്തന്മാര് അപ്പോ അന്നൊന്നും ഇത്രയൊന്നും പ്രദക്ഷിണത്തിനൊന്നും തിരക്കൊന്നും ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ എവിടെ പോണെന്ന് ചോദിച്ചു സ്വാമിയാണ് അപ്പൊ ശിവരാത്രിയല്ലേ അതുകൊണ്ട് ഗിരിപ്രദക്ഷിണത്തിന് പോകുകയാണെന്ന് പറഞ്ഞു സ്വാമിക്ക് അവര് പറയുമ്പോഴാണെന്ന് ശിവരാത്രിയാണെന്ന് അറിയാന്നു ശിവക്ഷേത്രമായ അരുണാചലത്തിൽ ഇരുന്നിട്ടും ശിവരാത്രിയാണെന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല അവർക്ക് നിത്യവും ശിവരാത്രി ആയിട്ടിരിക്കുമ്പോ നീ ഒരു ദിവസം സ്പെഷ്യൽ ശിവരാത്രി അവർക്ക് ഓർമ്മയില്ല നിത്യവും നിരന്തരം ഭഗവത് സ്മരണത്തിൽ ഇരിക്കുന്ന ആൾക്ക് ഒരു പ്രത്യേക ദിവസം പ്രത്യേക ദിവസത്തിൽ ഒരു സന്തോഷമൊന്നുമില്ല കുട്ടികൾക്കൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഓർമ്മിച്ചാൽ ദീപാവലി വരാൻ പോകുന്നു ആദ്യം തൊട്ട് സന്തോഷമാണ് കുട്ടികൾക്കും ഞങ്ങൾക്കൊക്കെ നല്ല ഓർമ്മയുള്ളത് ഞങ്ങളുടെ അവിടെ തേര് നടക്കും ഉത്സവം അപ്പൊ ഒരു ഒരു മാസം മുമ്പ് തുടങ്ങും അങ്ങനെ ഞങ്ങൾക്കൊക്കെ ഒരു സന്തോഷം കുട്ടിക്കാലത്ത് അപ്പോ അടുത്തൊരു സ്ഥലത്ത് തേര് കൊടുവായൂര് തിരുവാതിരക്ക് തേരു വരും അത് കഴിഞ്ഞാൽ അടുത്ത മകരമാസം ആദ്യത്തെ വെള്ളിയാഴ്ച തേരു വരും അപ്പൊ അന്നു മുതൽ തുടങ്ങുന്ന സന്തോഷം ഇനി ഞങ്ങളുടെ അവിടെ ഉത്സവം വരാൻ പോവുകയാണെന്നുള്ള സന്തോഷം അതിങ്ങനെ നാളുകൾ കഴിയും തോറും അതിന്റെ ഉത്സാഹം കൂടിക്കൂടി കൂടിക്കൂടിക്കൂടി വരും അതിനു വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകളും കൊടിയേറ്റവും ഒക്കെ നടക്കുമ്പോഴൊക്കെ സന്തോഷമാണ് േര് ദിവസം ആ സന്തോഷത്തിന്റെ ഹൈറ്റ് ആയിരിക്കും അന്ന് ഉച്ചയാകുമ്പോൾ കുറച്ച് കുറച്ച് കുറച്ച് കുറഞ്ഞു വരും രാത്രി ആവുമ്പോഴേക്കും സന്തോഷം പതുക്കെ കുറയും അടുത്ത ദിവസം അവിടെയൊക്കെ ശൂന്യമായിട്ട് നോക്കുമ്പോ ഡിപ്രഷനാകും ഇങ്ങനെ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഗൂഢമായി കിടക്കുന്ന വിവേക ഇത് മനസ്സിലാക്കുകയാണ് ഈ എക്സ്ട്രെസിയുടെ അടുത്ത സൈഡാണ് ഡിപ്രഷൻ മല കയറി ആൾ ഇറങ്ങണം ലൈഫിൽ മുഴുവൻ ഏത് എക്സ്പീരിയൻസും അങ്ങനെയാണ് മുകളിലേക്ക് പോവും എക്സൈറ്റ്മെന്റിന് വേണ്ടി മനുഷ്യൻ ആഗ്രഹിക്കാൻ കാരണം തന്നെ എക്സൈറ്റഡ് ആവുമ്പോ ആ എക്സ്റ്റസി പറയുന്ന സ്റ്റേറ്റ് തന്നെ എന്താ മനസ്സ് നിശ്ചലമായി നിൽക്കുന്ന സമയമാണ് അതിനാണ് ആഗ്രഹിക്കുന്നത് ഇതുകൊണ്ടാണ് ആളുകള് വിവാഹം കഴിക്കുന്നതും കുട്ടികളെ പ്രസവിക്കുന്നതും എല്ലാത്തിനു വേണ്ടിയിട്ടാണ് പക്ഷെ എല്ലാം അത് കഴിഞ്ഞു കുറച്ചു ദിവസം കഴിയുമ്പോൾ മനസ്സിലാവണു അത് പോയി അപ്പൊ ഇത് കുറെ വിവേകം കൊണ്ട് കണ്ടറിയുന്ന ജീവൻ മനസ്സിലാക്കുന്നു ഒരിക്കലും സമനില തെറ്റാത്ത നിശ്ചലത ശാന്തി ആ ശാന്തിൽ ഇരിക്കണം ഇനി വയ്യ ഇനി ഈ ന്യൂറോട്ടിക്ലൈമ്പിങ് ആൻഡ് സ്റ്റോപ്പ് അപ്പൊ ശാന്തി ഉണ്ടാവും പക്ഷെ ആ വിശ്രാന്തി ഉണ്ടാവണമെങ്കിൽ ആദ്യം കുറെ കയറി ഇറങ്ങണം ഈ കയറ്റത്തിന്റെ എക്സൈറ്റ്മെന്റും ഇറക്കത്തിന്റെ ഡിപ്രഷനും ഒക്കെ അനുഭവിച്ച് നമ്മളുടെ നാടീ നരമ്പുകളിലൊക്കെ വിവേകമുണ്ട് ആ വിവേകത്തിന് മനസ്സിലാവണം നമ്മളുടെ ബ്രെയിന് മനസ്സിലായാൽ പോരാർ ബോഡി ഈസ് യുവർ ബ്രെയിൻ ബട്ട് ത്രൂ യുവർ എഡ്യൂക്കേഷൻ യു ഹാവ് ലോക്കലൈസ്ഡ് ബ്രെയിൻ ഇൻ യുവർ ഹെഡ് ദ എൻറ്റയർ ബോഡി ഈച്ച് ആൻഡ് എവറി സെൽ ഓഫ് യുവർ ബോഡി ഈസ് യുവർ റിയൽ ബ്രെയിൻ ത്രൂ വിച്ച് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് നോട്ട് ത്രൂ റീഡിങ് ഓർ റൈറ്റിംഗ് അപ്പൊ നമുക്ക് അലേർട്ടായിട്ട് വിജിലൻ്റ് ആയിട്ട് ലൈഫില് ജീവിച്ചാൽ ജീവിതത്തിൽ ജീവിച്ചാൽ നമ്മളുടെ ഓരോ കോശം കൊണ്ടും സുഖത്തിനെയും ദുഃഖത്തിനെയും പഠിക്കണം വിവേകം ജനിക്കണം തീ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചുകൊണ്ട് നമ്മൾ പോകില്ലല്ലോ തീയുടെ അടുത്തേക്ക് ചിലതൊക്കെ സ്കൂളിൽ പഠിച്ചു പഠിച്ചതൊക്കെ മറന്നുപോയി എനിക്കിപ്പോ ഞാൻ ഒന്നും എനിക്കറിയില്ല അപ്പോ ഇപ്പൊ സംസ്കൃതം എന്തെങ്കിലുമൊക്കെ പറയണ്ടോ ഉപയോഗിക്കണത് കൊണ്ടെന്നല്ലാതെ സ്കൂളിൽ പത്താം ക്ലാസ് വരെ പഠിച്ചതൊന്നും ഇപ്പൊ കണ്ടാൽ തന്നെ എനിക്കൊന്നും മനസ്സിലാവില്ല ഒക്കെ പോയി നേരെ മറിച്ച് എട്ടു വയസ്സിലോ ഒമ്പത് വയസ്സിലോ ഓടിക്കാൻ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചത് ഇത്ര കാലമായിട്ട് ഓടിക്കണില്ലെങ്കിലും ഇപ്പൊ സൈക്കിളിൽ കയറി ഇരുന്നാൽ ഓടിക്കും അതെങ്ങനെയാണത് ശരീരത്തിന് അറിയാം ശരീരം പഴകി വെച്ചതാണ് ശരീരം പഠിച്ചതാണത് സോ യു ഷുഡ് ലേൺ ത്രൂ ഈച്ച് ആൻഡ് എവറി സെൽ ഓഫ് യുവർ ബോഡി എന്തിനാ അത് പറഞ്ഞു വന്നത് ഉം വിവേകം ശരി വിവേകം ശരി വേറെ പറഞ്ഞപ്പോഴാണ് പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളു ബ്രെയിൻ വേറെ പറഞ്ഞു വന്നപ്പോഴാണ് പറഞ്ഞു വന്നത് അപ്പൊ നമുക്ക് ജീവിതത്തിലെ സുഖ ഒക്കെ കണ്ടറിഞ്ഞ എക്സൈറ്റ്മെന്റ് ആൻഡ് ഡിപ്രഷൻ ഹർഷം ശോകം ഗീതയിലെ രണ്ടു വാക്കാണ് ഹർഷം ഉണ്ടാവണം നല്ല സുഖം ഉണ്ടാവുമ്പോ ഹർഷ ഉണ്ടാവണം അതിന്റെ അടുത്ത സൈഡാണ് ശോകം ഹർഷശോകൗഹാതി യഥാ പശ്യ പശ്യത്തെ രുക്മവർണം കർത്താരമീശം പുരുഷം ബ്രഹ്മയോനിം തഥാ വിദ്വാൻ പുണ്യപാപേ വിധൂയ നിരഞ്ജനഃ പരമം സാമ്യമുപൈതി എന്നുപനിഷത്ത് ഹർഷശോകോ ജഹാതി അതേതാ മന്ത്രം ഹർഷശോകങ്ങളെ ഉപേക്ഷിക്കുന്നു പുണ്യപാപത്തിന്റെ എഫക്റ്റ് ആണ് ഹർഷവും ശോകവും നമ്മൾക്ക് പുണ്യത്തിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ് ഹർഷം കാരണമില്ലാതെ ചിലപ്പോ സന്തോഷം വരണില്ലേ പണ്ട് ചെയ്തു വെച്ച പുണ്യത്തിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണോ ഡിപ്രഷൻ വരണതും അതുപോലെ തന്നെ െന്റ് ആൻഡ് ഡിപ്രഷൻ അതിൻ്റെ സൂക്ഷ്മരൂപമാണ് പുണ്യം പാപം ഈ പുണ്യവും പാപവും നിശേഷം ഒഴിഞ്ഞു പോയാൽ അവർക്ക് പിന്നെ സുഷുപ്തി എന്നൊരവസ്ഥയില്ല തെളിഞ്ഞ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിലിത്തിരി കരിപ്പൊടി ഇട്ടിട്ട് നിങ്ങൾ നല്ലവണ്ണം ഇളക്കിയാൽ ആ വെള്ളം കറുപ്പ് കളറായിട്ടിരിക്കും അല്ലേ തെളിഞ്ഞ വെള്ളം നമ്മളുടെ സ്വരൂപമാണ് ചിത്തവൃത്തികളെയാണ് നമ്മൾ കരിപ്പൊടി അതി ഇളക്കി കഴിഞ്ഞാൽ സ്വരൂപത്തിൽ ആ ഉണ്ടാവുന്ന ചിത്തവൃത്തി ചലനം മനസ്സ് സ്വപ്നമാണത് ഇളക്കാതെ നിർത്തിയാൽ കരിപ്പൊടി അടിയിൽ പോയി അടിഞ്ഞുകിടക്കും അല്ലേ അടിഞ്ഞു കിടക്കുന്നതാണ് സുഷുപ്തി എന്ന് പറയണത് വെള്ളം തെളിവുണ്ട് എന്നാൽ കരിപ്പൊടി ഉണ്ട് കരിപ്പൊടി പോയിട്ടൊന്നുമില്ല ഉണ്ട് പിന്നെയും കുറച്ച് കഴിഞ്ഞ് ഇളക്കി വിട്ട് കഴിഞ്ഞാൽ പൊന്തു അടിയിൽ പോയി അടിഞ്ഞു കിടക്കുമ്പോ വെള്ളത്തിന്റെ തെളിവും കിട്ടും കരിപ്പൊടിയുടെ സ്വാദും വരും വെള്ളം കുടിച്ചാൽ തെളിച്ചിട്ട് കുടിച്ചാൽ തെളിഞ്ഞ വെള്ളവും കിട്ടും കരിപ്പൊടിയുടെ സ്വാദും വരും അതുപോലെ സുഷുപ്തിയിൽ ആത്മാവിന്റെ സുഖവും ഉണ്ടാവുന്നുണ്ട് അജ്ഞാനത്തിന്റെ മറവും ഉണ്ടാവണുണ്ട് ആ അജ്ഞാനത്തിന്റെ മറ നീങ്ങി ആത്മസുഖം സ്വാത്മസുഖം അനുഭവിക്കുന്നവനാണ് അവന് ആ കരിപ്പൊടിയൊക്കെ എടുത്തു കളയണം എന്നാലേ ശരിയാവുള്ളൂ കരിപ്പൊടി എടുത്തു കളയൽ എന്താ ഹർഷശോകൗ ജഹാതി എക്സൈറ്റ്മെന്റും ഡിപ്രഷനും പോണം അതെങ്ങനെ ജാഗ്രത്തിൽ വളരെ അലേട്ടായിട്ട് ജീവിക്കണം ഭൂതപൂർവ്വം ജീവിക്കും തീ തൊട്ട് കഴിഞ്ഞാൽ പൊള്ളുമെന്നറിയണ പോലെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചിട്ട് അതുപോലെ ചെയ്യാൻ ശ്രമിച്ചിട്ടൊന്നും കാര്യമില്ല ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കാം നിങ്ങളുടെ ഓരോ കോശത്തിനും ദേഹത്തിലുള്ള ഓരോ കോശത്തിനും പറഞ്ഞുകൊടുക്കുക എന്താണ് ഈ ലോകാനുഭവം അതിലെന്ത് സംഭവിക്കണോ എവിടെ ശോകമുണ്ട് എവിടെ ദുഃഖുണ്ട് എവിടെ ഡിപ്രഷനുണ്ട് അത് കുറെ അനുഭവിച്ച ആ ഡിപ്രഷൻ എങ്ങനെ നീങ്ങും എങ്ങനെ പതുക്കെ പതുക്കെ അതിൽ ദുഃഖമുണ്ടെന്ന് കണ്ടിട്ട് പിൻവലിയണം അപ്പൊ എന്താവും നാച്ചുറൽ ആയിട്ട് ദർ വിൽ ഹോൾനെസ് ജാഗ്രത ജാഗ്രതയോടുകൂടെ ജീവിക്കാവുന്നതാണ് ചില കഥകളൊക്കെ അങ്ങനെ ഉണ്ട് ഈ ജൻ ബുദ്ധിസത്തിൽ അങ്ങനെ ചില കഥകളുണ്ട് ഒരു ഗുരുവിന്റെ അടുത്ത് ശിഷ്യൻ പോയി ജ്ഞാനോപദേശത്തിന് അപ്പൊ ഗുരു പറഞ്ഞു നിനക്ക് വാള് പയറ്റെ ഞാൻ പഠിപ്പിക്കാവുന്ന പറഞ്ഞു അവിടെ അവരൊക്കെ അതൊക്കെ ഉണ്ട് എന്താന്ന് വെച്ചാൽ ബുദ്ധസന്യാസികളുടെ കുഴപ്പമാണ് വൈദിക കർമ്മമാർഗത്തിൽ സന്യാസം ഉണ്ടാക്കിയില്ല ബുദ്ധനാണ് ആദ്യമായിട്ട് ഇങ്ങനെ കൂട്ടം കൂട്ടമായി ആളുകളെ സന്യാസിയാക്കിയത് വൈദിക കർമ്മമാർഗം വളരെ സയൻറ്റിഫിക് ആയിരുന്നു വൈദിക കർമ്മമാർഗം നല്ല വൈദിക മാർഗം അവിടെ എല്ലാവർക്കും ഇതിന് അധികാരം കൊടുത്തില്ല നിങ്ങളായിട്ട് പുറത്തു പോകുമ്പോൾ പോയിക്കോളും അല്ലെങ്കിൽ ലീഡ് എ ലൈഫ് അതാണ് വൈദിക മാർഗ്ഗം ബുദ്ധൻ കരുണ കൊണ്ട് എന്ത് ചെയ്തു ഈ സംസാരം ദുഃഖമാണ് എല്ലാം വിഷമാണ് എല്ലാവരും പുറത്തു പോകണമെന്ന് പറഞ്ഞ് എല്ലാവർക്കും കാഷായവും കൊടുത്തിട്ട് എല്ലാം ഉപേക്ഷിച്ച് വരുന്നവരൊക്കെ വന്നുകൊള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ബുദ്ധവിഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞപ്പോ ബുദ്ധൻ തന്നെ കണ്ടു രണ്ടായിരക്കണക്കിന് ഭിക്ഷുക്കളെ ഉണ്ടാക്കി ഇവരോട്ട് പറഞ്ഞ കേൾക്കണില്ല തമ്മിൽ തല്ലുണു ജീവിതം പറയുന്നു അസൂയയും ദ്വേഷവും കാമവും ക്രോധവും ഒന്നും പോണില്ല അദ്ദേഹം കൊറേ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു ഇവർക്ക് പ്രാണനെ ശ്രദ്ധിക്കൂ വാക്കിങ് മെഡിറ്റേഷൻ സിറ്റിങ് മെഡിറ്റേഷൻ അവര് ഒന്നും കാര്യമില്ല ചിലപ്പോ ജ്ഞാനികൾക്കും അബദ്ധം പറ്റും ജ്ഞാനികളും വലിയ വലിയ ബ്ലണ്ടസ് ഒക്കെ ചെയ്യും അവരുടെ പൂർവ്വവാസന കൊണ്ടും പൂർവ്വാജ്ഞാനം കൊണ്ടും ഒക്കെ ചിലപ്പോൾ ചെയ്യും അത് അവരെ ബാധിക്കൊന്നുമില്ല പക്ഷെ കാലാകാലത്തിന് ലോകത്തിൽ അത് നിക്കും അപ്പൊ ബുദ്ധൻ ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകളെ അത് തികച്ചും അശാസ്ത്രീയമാണ് നിങ്ങൾ കുറച്ച് മെഡിറ്റേഷൻ ചെയ്തത് കൊണ്ടൊന്നും നിങ്ങൾ അനുഭവിക്കാൻ കൊണ്ടുവന്നും പ്രാരബ്ധ വാസന ഒന്നും പോല വൈദികമായ മാർഗം എന്താ പറയണതെന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരം നിങ്ങൾ വിചാരിക്കണ പോലെ അത്ര സിമ്പിൾ സാധനമൊന്നും അല്ല അതിനെത്രയോ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ ജ്ഞാനത്തിനെ അറിയൂ അറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ശരി കർമ്മത്തിൽ ജാഗ്രതയായിട്ടിരിക്കൂ പുതിയ കർമ്മങ്ങൾ ചേർക്കാതെ ലെറ്റ് ദ ഇന്റലിജൻസ് ഇൻ ദ ബോഡി ഡെവലപ്പ് ടിൽ ഇറ്റ് ഇസ് മെച്യർ ഇനഫ് ടു റിസീവ് ദ ഹയർ വിസ്റ്റം സാധാരണമായിട്ട് ജീവിച്ച് പതുക്കെ പതുക്കെ പക്വപ്പെട്ടു വരൂ എന്നൊക്കെയാണ് വൈദിക മാർഗം ബുദ്ധൻ എല്ലാവർക്കും ഒരു കാഷായം കൊടുത്തു ഒരു പേരും ഒക്കെ കൊടുത്തു ഒരു ഹൈറാർക്കും ഒക്കെ എല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ബുദ്ധന്റെ കാലവും ഒക്കെ കഴിയുമ്പോഴേക്കും തന്നെ അവിടെ അടിയും തല്ലും ബകളവും ഹീനയാനവും മഹായാനവും ഒക്കെ ആയിട്ട് പിരിയലും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കുറച്ച് അതിലും മഹാത്മാക്കൾ വരുമല്ലോ അതിൻ്റെ ഇടയിലും അവരൊക്കെ കണ്ടു ഇവരെയൊക്കെ ഇങ്ങനെ കാഷായം കൊടുത്ത് നമ്മൾ എടുക്കുകയും ചെയ്തിട്ട് ഇവരെ ധ്യാനിക്കൂന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ധ്യാനവും പറ്റില്ല ഒന്നും പറ്റില്ല ഭിക്ഷ എവിടെങ്കിലുമൊക്കെ കിട്ടും കുറെ കഴിയുമ്പോ ഭിക്ഷ സന്യാസികളോട് ഭക്തിയുള്ള ഗൃഹസ്ഥന്മാര് വിളിച്ച് നല്ല ചാപ്പാടും കൊടുക്കും ഇപ്പൊ ഞങ്ങൾക്കൊക്കെ സംഭവിക്കേണ്ടല്ലോ പോണ സ്ഥലത്ത് അതുപോലെ അതൊക്കെ കഴിയുമ്പോ ഇവർ അതും തിന്നിട്ട് കിടന്നുറങ്ങുന്നല്ലാതെ വേറെ ഒന്നും പറ്റില്ല അപ്പോഴാണ് ഇവർ ആലോചിച്ചത് ഈ സന്യാസം ഇങ്ങനെ പോരാ അപ്പൊ പിന്നെയും ഇതിന് ചില ആയോധന കലകളും രാജസക്ഷാത്ര വൃത്തികളും അതിനകത്ത് കൊണ്ടുവന്നിട്ടും പിന്നെയും അതിനകത്ത് യുദ്ധം ചെയ്യാനുള്ള ടെക്നിക്സും പലതുമൊക്കെ പഠിപ്പിച്ചു അതിൽ വന്നതാണ് ഈ എന്താ ഇപ്പോ ജപ്പാനിലൊക്കെ ഉള്ള യുദ്ധകലകളൊക്കെ അങ്ങനെ വന്നതാണ് യുദ്ധസന്യാസികൾ ഉണ്ടാക്കിയതാണ് അവരാണ് കൊണ്ടുവന്ന് കണ്ടുപിടിച്ചതൊക്കെ അപ്പൊ വാള് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു അത്രയും ഒരു വാൾപ്പയറ്റം ശിഷ്യൻ നല്ല സമർത്ഥനാണ് അപ്പോ ആദ്യം വാളൊന്നുമില്ല ആദ്യം നീ ജാഗ്രതയാവണം ആദ്യത്തെ പാഠത്താണ് വെട്ടുതട്ടാ ആദ്യം വടി കൊണ്ട് പരസ്പരം തല്ലി പഠിച്ചു അത് കഴിഞ്ഞിട്ട് ഗുരു പറഞ്ഞു ഇനിയിപ്പോ നീ നല്ലവണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടാൻ പഠിച്ചു കഴിഞ്ഞു ഇനിയിപ്പെന്താന്ന് വെച്ചാൽ ഞാൻ തന്നെ അടിക്കും അടിക്കുമ്പോ ഒഴിഞ്ഞു മാറണം കുറെ കഴിഞ്ഞപ്പോൾ അതും നല്ലവണ്ണം ഇയാൾ പഠിച്ചു എപ്പോഴും അടി വരണോ അപ്പോഴൊക്കെ ഒഴിഞ്ഞു മാറാൻ പഠിച്ചു ഇനിയിപ്പോ ഗുരു പറഞ്ഞു സൂക്ഷിച്ചോളം ഈ ഇരുപത്തി നീ ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ എപ്പോഴാ ഞാൻ വന്ന് അടിക്കുക എന്ന് പറയാൻ പറ്റില്ല അടികൊള്ളാതെ രക്ഷപ്പെടാൻ സൂക്ഷിച്ചോളൂ അപ്പൊ ഇയാള് ചിലപ്പോ അടുക്കളയിൽ പണിയെടുക്കുമ്പോഴോ പുല്ല് ചെത്തുമ്പോഴോ ഒക്കെ ആയിരിക്കും ഗുരു പുറത്തു വന്ന് ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ അടി കൊണ്ടു പിന്നെ വളരെ ജാഗ്രതയോടുകൂടെ എപ്പോഴും ജാഗ്രതയായിട്ടിരിക്കും എപ്പോഴാ അടി കൊള്ളുക എന്ന് അടി കൊള്ളാതെ ചാടിക്കൊള്ളും പിന്നെ ഗുരു പറഞ്ഞു അവസാനത്തെ ടീച്ചിങ്ങിന് മുമ്പായിട്ട് പറഞ്ഞു ഇനി സൂക്ഷിച്ചോളം ഉറങ്ങുമ്പോഴായിരിക്കും ഞാൻ അടിക്കാം ഉറക്കത്തിൽ നല്ല ചൂരൽ വടിയാണ് ഒന്ന് രണ്ടു ദിവസം ഉറങ്ങുമ്പോ ചൂരൽ കൊണ്ട് രണ്ട് പെട കിട്ടി അത് കഴിയുമ്പോ ഉറക്കത്തിൽ ഒരു അലേർട്ട്നെസ് വന്നു എന്നാണ് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഒരു ജാഗ്രത എന്തെങ്കിലും ഉറങ്ങി ഉറങ്ങുകയും ചെയ്യും ഉറങ്ങുമ്പോ എന്തെങ്കിലും സംഭവിച്ചാലും അറിയാം അങ്ങനെ ഒരു വിവേക ഉണ്ടായിരുന്നു അവസാനം ഗുരു പറഞ്ഞു അവസാനത്ത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നീ എല്ലായിടത്തും ജാഗ്രതയായി കഴിഞ്ഞു ഇനി ഒരൊറ്റ പ്രാവശ്യമേ ഞാൻ പരീക്ഷിക്കുള്ളൂ പക്ഷെ അത് ഭയങ്കരമാണ് എന്താന്ന് വെച്ചാൽ ഇനി ഞാൻ ഉറങ്ങുമ്പോഴോ ഉണർന്നിരിക്കുമ്പോഴോ എപ്പോഴെങ്കിലും ഒക്കെ വരും പക്ഷെ വടിയല്ല ഇപ്പൊ വാളാണ് ഒരൊറ്റ പ്രാവശ്യത്തിൽ കഴിഞ്ഞു എന്നാണ് പക്ഷെ ആ സമയം അയാളെ ചാടിപ്പൊറട്ടു രക്ഷപ്പെട്ടു എന്നാണ് അതായത് ഇതുപോലെ അലേർട്ടായിട്ട് ജാഗ്രത ഉണർന്നിരിക്കുന്ന സമയവും ഉറങ്ങുന്ന സമയവും ഒക്കെ നമ്മളുടെ ഓരോ കോശത്തിലും അലേർട്ട്നെസ് ഉണ്ടെങ്കിൽ വിജിലൻസ് ഉണ്ടെങ്കിൽ ജാഗ്രതയായിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു പുസ്തകവും വേണ്ട ആരും പഠിപ്പിക്കണ്ട നമ്മൾ തന്നെ ജീവിതം മുഴുവൻ ശ്രദ്ധിച്ച് പഠിക്കും ദുഃഖി ദുഃഖത്തിനെ കണ്ടു മനസ്സിലാക്കി വിട്ടുമാറും ശാന്തിയിലിരിക്കും എല്ലാരും പോയി ദീപാവളി ആഘോഷിക്കണ ശിവ അരുണാചല ശിവം അരുണാചല ശിവ അരുണാചലാം അരുണാചല ശിവ അരുണാചല ശിവൻ അരുണാചല ശിവം അരുണാചല യോ മ ആത്മാവസി ത്വമ്യം മിഞ്ചിസ്തിയേഷ്ടം കൂരുമാത്മനം ഭ